നാം പറഞ്ഞു ഓ ആദം അലിഹിസലാം നീയും നിന്റെ പങ്കാളിയും സ്വർഗത്തിൽ വസിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തുനിന്ന് അവിടെ സമൃദ്ധമായി ഭക്ഷിക്കുകയും ചെയ്യുക എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അക്രമികളിൽ പെട്ടുപോകും